അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ അവരിൽ നിന്നു തന്നെ ഒരു ദൂതനെ നിയോഗിച്ചത് അവൻ തന്നെയാണ് അദ്ദേഹം അവർക്ക് അല്ലാഹുവിൻറെ ദൃഷ്ടാന്തങ്ങൾ ഓദിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു അതിനു അവർ വ്യക്തമായ ഒരു വഴിപിഴവിലായിരുന്നു